മലക്കുകൾ തങ്ങളുടെ അടുക്കൽ വരാനോ അല്ലെങ്കിൽ നിങ്ങളുടെ രക്ഷിതാവ് വരാനോ അതുമല്ലെങ്കിൽ നിങ്ങളുടെ രക്ഷിതാവിന്റെ ചില ദൃഷ്ടാന്തങ്ങൾ വരാനോ മാത്രമാണോ അവർ കാത്തിരിക്കുന്നത് നിങ്ങളുടെ രക്ഷിതാവിന്റെ ചില ദൃഷ്ടാന്തങ്ങൾ വരുന്ന ദിവസം മുമ്പ് വിശ്വസിക്കാത്തവളോ അല്ലെങ്കിൽ തന്റെ വിശ്വാസത്തിൽ പുണ്യം സമ്പാദിക്കാത്തവളോ ആയ ഒരാളുടെ വിശ്വാസം കൊണ്ട് യാതൊരു ഉപകാരവും ഉണ്ടാകുകയില്ല നിങ്ങൾ കാത്തിരിക്കൂ തീർച്ചയായും ഞങ്ങളും കാത്തിരിക്കുന്നുവെന്ന് പറയുക